സമ്ചന്ദ്രമസാ മാസേ സമലങ്ക ക്ഷീരോദാ യോഗേ തോം പരമ ശുദ്ധത സമചന്ദ്രമസമന്ദ്രി ചന്ദ്രമസ് ചന്ദ്രി വലു തേഷാം ആശയസമരങ്ങൾക്ക് ആ മനസ്സാണ് അലങ്കരിക്കപ്പെട്ടിരുന്നത് ഞാൻ ആ മനസ്സിലാണെന്ന് സാധിക്കുന്നത് അവർക്ക് ക്ഷീരോധാനാം ഇവ പരമശുദ്ധത ദേവി ക്ഷീരോധ പൽക്കടൽ ക്ഷീരം ഉദവം എസ് ക്ഷീരോദാണ് ഉദപത്തിനുദാദനാണ് ക്ഷീരോധ ക്ഷീരസമുദ്രത്തിലേക്ക് എന്നതുപോലെ പരമശുദ്ധത പരമായ ശുദ്ധ അവരിൽ ഉദയുകയും ചെയ്യുന്നുണ്ട് ക്ഷീരസമുദ്രം വളരെ വെളുത്ത് ശുദ്ധമായ ഒന്നാണ് കവിയുടെ ഭാവനയിലുള്ള ഒന്നാണ് പക്ഷെ നിങ്ങൾ വളരെ മനോഹരമാണ് ശുദ്ധമാണ് പരിശുദ്ധമായ അതുപോലെ സംവാകുന്ന ചന്ദ്രനും അതുപോലെ ശുദ്ധമാണ് വെളുത്തതാണ് അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ട മനസ്സ് അവരുടെ മനസ്സിൽ അതുപോലെ ഒരു ശുദ്ധത പലാഴി എങ്ങനെയാണ് ശുദ്ധമായിരിക്കുന്നത് അതുപോലുള്ള ഒരു ശുദ്ധത അവരുടെ അവിടെ ഉണ്ടാവും അപ്പൊ ശാന്തി ശുദ്ധതയും ഒന്നല്ല ശാന്തിയോടൊത്ത് ശുദ്ധിയുണ്ടാവും എന്നാണ് ഈ പറയുന്നത് കുശേശേ കുശേഷു യേഷാം സമകുശേശേ സദാ വികസിതം തേ ിഹൃ പത്മാഹരേ ഹൃദ്ശേഷം കുശേശേതേ അൽസമാസം കുസമിച്ച് ജലം ജലത്തിൽ ചെയ്യുന്നു താമരം കുശേഷ ഹൃദയമാകുന്ന മനസ്സാകുന്ന താമരയും അതിന്റെ കോശം അതിന്റെ മുകളം താമരമുകളത്ത് ഹൃദയമാകുന്ന താമര മുട്ടൽ എന്നുള്ളത് യേഷാം ആർക്കാണോ ശമകുസേസിയും ശമമാകുന്ന താമര ഉള്ളത് ഹൃദയമാകുന്ന താമര മുട്ടൽ ആർക്കാണോ സമമാകുന്ന താമര വിടരുന്നത് യേഷാം സദാം സമകുശേഷയും വികസിതം ഏതൊരു സത്തുക്കളുടെ ത്തുക്കളിലാണോ അങ്ങനെ ഒരു ശമമാകുന്ന താമര വിടരുന്നത് പത്മാ അവര് രണ്ട് ഹൃദയപത്മമുള്ളവരാണ് രണ്ട് പത്മമുണ്ട് ഒന്ന് ഹൃദയം അതൊരു പത്മമാണ് പിന്നെ അവിടെ ശമം എന്ന് പറയുന്ന മറ്റൊരു പത്മം ഹൃദയമാകുന്ന താമര മുട്ട മറ്റ് ശമമാകുന്ന ഒരു താമരക്കൂടെ വിരിഞ്ഞിരിക്കും ഹൃദയമാകുന്ന താമര മുട്ടിൽ ശമമാകുന്ന ഒരു താമരെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ശമം വികസിച്ചിരിക്കുന്നു അപ്പൊ അവിടെ എന്താണ് ധിഹൃപത്മ അവര് രണ്ട് ഹൃദയപത്മങ്ങളുള്ളവരാണ് അവർക്ക് രണ്ട് ഹൃദയം താമരയുടെ രൂപത്തിലുള്ള രണ്ട് ഹൃദയങ്ങളുണ്ട് എല്ലാ ആലങ്കാരികമായി പറയുക ഇതുപോലെ ഹരേ സമാ ഹരിയെപ്പോലെ വിഷ്ണുവിനെ പോലെ വിഷ്ണുവിന് രണ്ട് താമരകളുണ്ട് ഒന്ന് പൂക്കളിൽ നിന്നും മേളമോട്ടുള്ള താമര പിന്നെ ഒന്ന് ചിലപ്പോൾ കയ്യിലൊരു താമരയായിരിക്കും അത് രണ്ടെടുക്കാം അല്ലെങ്കിൽ ഹൃദയത്തെ താമര ഏറ്റെടുക്കാം എന്തായാലും രണ്ട് താമര വിഷ്ണുവിന് അങ്ങനെയുള്ള രണ്ട് താമരകളുണ്ട് ശാന്തി ഉള്ളവർക്കും രണ്ട് താമരങ്ങളൊന്ന് ഹൃദയമാകുന്ന താമര മറ്റൊന്ന് ശാന്തിയാകുന്ന താമരം ഹൃത്കുശേശിയ കോശേഷു യേഷാം സദാം ഹൃത്കുശേഷിയ കോശേഷും ശമകുശേഷിയും വികസിതം തേ हरे मुखे इंदो दे ദിവിൽമ്രീശോഭേഷ മുഖേന്ദോ അകളങ്കിരേ തേക്ലീനേന്ദവോ വന്ദ്യ സൗന്ദര്യ വിജിതേന്ദ്രിയ സമശ്രീശോഭേ ആരിലാണോ സമം ആകുന്ന സ്ത്രീ ഐശ്വര്യം ശോഭിച്ചിരിക്കുന്നു സാറിന്റെ മുഖത്തിന്റെ ഐശ്വര്യം നമ്മൾ ഐശ്വര്യം എന്ന് പറയുന്നത് മുഖ ഐശ്വര്യത്തെ ഇതങ്ങനെയല്ല ഐശ്വര്യം ശോഭിക്കുന്നത് എവിടെ മുഖ ഹിന്ദു അകളങ്കിതേ മുഖമാകുന്ന ഹിന്ദുവിൽ ചന്ദ്രനൽ അങ്ങനെയുള്ള അകളങ്കിതമായ അകളങ്കഹീതമായ സമമാകുന്ന ഐശ്വര്യം ശോഭിക്കുന്നത് തേ കുലീനവോ വന്ധ്യാഹ കുലീനന്മാരായ പിറന്നു ശ്രേഷ്ഠൻ എന്നുള്ള ശ്രേഷ്ഠന്മാരായ വന്ധ്യന്മാർ പൂജനീയന്മാരായ ആൾക്കാർ അവർ സൗന്ദര്യ ജനേന്ദ്രിയ സൗന്ദര്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ് സൗന്ദര്യം കൊണ്ടിങ് ഇന്ദ്രിയങ്ങളും കാരണം അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നവരുടെ ശ്രമമാണ് അവര് സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന മറ്റുള്ളവരെ ആകർഷിക്കുന്നതും മറ്റുള്ളവരാകർഷിക്കപ്പെടുന്നു എന്നാണ് സുഖം ഇവിടെ പറയുന്ന ഈ അന്ത്യന്മാരും കുലീനന്മാരുമായിരിക്കുന്നവര് അവരുടെ സമമാകുന്ന സൗന്ദര്യം കൊണ്ട് അവർ വിജിതേന്ദ്രിയന്മാരുമായിരിക്കും അപ്പോ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തെ നിർത്തുക തത പരമാവശ്യത ഇന്ദ്രിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന യോഗസൂത്രം എവിടെയാണ് മനസ്സിന് സ്വാധീനതയുള്ളത് ആ മനസ്സിന് സ്വാധീനതയുണ്ടെങ്കിൽ അവിടെ ഇന്ധിനിയങ്ങൾ മനസ്സിനെ അനുസരിക്കും മനസ്സിനനുസരിച്ച് പോകും മനസ്സിൻ്റെ സ്വാധീനത മനസ്സിന് എത്രമാത്രം സ്വാധീന കൊണ്ടെന്നുള്ളതനുസരിക്കും മനസ്സിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും കൂടാതെ അയാളുടെ സാഹചര്യങ്ങളെല്ലാം കൂടി ചേരുന്നതാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഒരു വ്യക്തി അയാളുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനമാക്കിയിരിക്കുന്നു തന്റെ തനിക്കധീനമാക്കുക അപ്പോ വ്യക്തിയാണ് അധീനമാക്കുന്നത് ആ വ്യക്തി മനസ്സിനെ അധീനമാക്കുന്നതിന് ഇതെല്ലാം കൂടി ചേർന്നില്ല കേവലം മനസ്സുകൊണ്ട് മാത്രം മനസ്സിനെ അധീനമാക്കുക മനസ്സിനെ അധീനമാകുന്നെങ്കിൽ ഇന്ദ്രിയങ്ങളും അനുകൂലിക്കണം ശരീരം അനുകൂലിക്കണം സാഹചര്യങ്ങളും അനുകൂലിക്കും ഒരിക്കലെ അനുകൂലിച്ചാലേ മനസ്സ് കുറേ സ്വാധീനത്തിൽ വെക്കുക വ്യക്തത പരമ വശ്യ ഇന്ദ്രിയാണ് എന്നൊക്കെ പറയും അപ്പൊ ചില വിഷയങ്ങളിൽ നിന്നും മനസ്സിന് സ്വാധീനത്തിൽ വയ്ക്കാൻ കഴിഞ്ഞാലും ഒരാൾ എല്ലാ ഷയങ്ങളിൽ നിന്നും സ്വാ ഇച്ഛ അനുസരിച്ച് മനസ്സിനെ സ്വാധീനമാക്കുക എന്നൊരു എടുക്കുന്നതായിരിക്കും മനസ്സിന്റെ രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ സഹകരിച്ചാലേ രണ്ടു ഭാഗങ്ങളേതൊക്കെയാണ് മനസ്സിന്റെ വികാരം ഇമോഷൻസ് അത് സഹകരിക്കും മറ്റൊന്ന് മറ്റു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് വിചാരം ഇത് രണ്ടും ആ വ്യക്തിയോട് സഹകരിച്ചാൽ മാത്രമേ ഒരാൾക്കും മനസ്സിന് താൻ തിരഞ്ഞെടുത്ത വിഷയങ്ങളിലെങ്കിലും നിർത്താൻ പറ്റും തന്റെ സ്വാധീനത്തെ നിർത്താൻ പറ്റും ഏതെങ്കിലും ഒന്ന് ടഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് കയ്യിൽ നിന്ന് കുടിവിട്ടു ഇവിടെ വികാരങ്ങൾ ഇമോഷൻസ് അത് ഇടഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് ഒരുക്കും തന്റെ സ്വാധീനത്തിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല മനസ്സിന് സ്വാധീനമാക്കുക എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നുള്ളതല്ലേക്ക് തനിക്ക് തന്റെ ജീവിത സാഹചര്യം അനുസരിച്ച് തന്റെ ജീവിത സന്ദർഭങ്ങൾ അനുസരിച്ച് തനിക്ക് ആവശ്യം നടത്തുക മാത്രം മനസ്സിന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അയാളാദ്യം തിരിച്ചറിയുക ഇതെനിക്ക് ആവശ്യമുള്ളതാണ് ഇതെനിക്ക് ആവശ്യമില്ലാത്താണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമടത്ത് മനസ്സിനെ പ്രവർത്തിപ്പിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തുക അപ്പൊ അങ്ങനെ നിർത്തണമെങ്കിൽ എന്ത് വേണം തന്റെ മനസ്സുകൊണ്ട് തന്നെ ഒരാൾക്ക് ചില വേലിക്കെട്ടുകളൊക്കെ നിർമ്മിക്കേണ്ടി ചില ആതിരികളൊക്കെ ഉണ്ടാക്കേണ്ടി ഒരു മനസ്സും അന്ന് എപ്പോഴും കഴിഞ്ഞൊന്നും ഒരില്ല കഴിഞ്ഞാൽ തന്നെ എളുപ്പമല്ല കാരണം എല്ലാത്തും വരണ്ടേ അതുകൊണ്ടാണ് ഈ മനസ്സിനെ ജയിച്ചു എന്ന് പറയുന്നവരിൽ മനസ്സിൽ പരാജയപ്പെട്ടു പോകുന്നു അങ്ങനെ നൂറ് ശതമാനം മനസ്സിനെ ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്ന മനുഷ്യനൊന്നുമില്ല കൊണ്ടെന്ന് നമ്മുടെ ധാരണ ഒരു ക്ലെയിം മാത്രമാണ് അതുകൊണ്ട് മനസ്സ് ഒന്ന് വഴി പോയി എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട നമ്മൾ നടക്കുമ്പോൾ കാല് എഴുതുന്നത് പോലെ നമ്മൾ ചവിട്ടുന്ന സ്ഥലത്തെ നമുക്ക് ഉറപ്പില്ലെങ്കിൽ വഴുതല്ലുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ കാലം പളിപ്പോയി അപ്പോ നമുക്ക് ശരിക്കുള്ള ബോധമില്ലാതെ വരുന്ന ബോധമില്ലായ്മയുടെ പഴുതുകൾ അതിന്റെ ഗ്യാപ്പുകൾ അവിടെ താല് വഴി പോവും അതുപോലെയാണ് മനസ്സിന്റെ സ്ഥിതി അപ്പോ എന്താണ് സുരക്ഷിതമായ പാത തിരഞ്ഞെടുത്ത വഴിയെ നടത്തുക എന്താണ് പാത മോശമാണെങ്കിൽ അതിൽ തന്നെ എന്താണ് മനുഷ്യർ വേലുകെട്ടുകളൊക്കെ വയ്ക്കഴിഞ്ഞു അതിരുകളുമൊക്കെയുണ്ട് വളരെ പ്രധാനപ്പെട്ടതായി ഇതെല്ലാം എപ്പോഴാണ് ജീവിതത്തിൽ ഒരു മനുഷ്യനും ഒത്തു വരുന്നത് എപ്പോഴും ഒത്തൊന്നും വരില്ല അങ്ങനെ എപ്പോഴാണോ ഒരാൾക്ക് ഒത്തു വരുന്നത് ആ സമയത്ത് അയാളുടെ മനസ്സ് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയാം പക്ഷേ ഈ മനസ്സിൻ്റെ ഉള്ളു ഈ രണ്ടു വികാരങ്ങളും വിചാരങ്ങളും എപ്പോഴും എന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കില്ല ചിലപ്പോൾ അതൊക്കെ വഴിമാറുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ സഹായിക്കും ചിലപ്പോൾ സഹായിക്കാതെ മനസ്സിനെ നോക്കിരിക്കുന്ന കോൺക്രീറ്റൊട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതിങ്ങനെ വഴുതുന്ന സ്വഭാവങ്ങളാണ് വഴിക്കൊഴിക്കുന്ന അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് ഈ മനസ്സിൻ്റെ മനസ്സിനങ്ങനെ സ്വാധീനത്തിൽ നിന്ന് പിന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ സാധാരണ മനുഷ്യർക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സെങ്ങോട്ട് പോകുന്നു മനസ്സെന്തൊക്കെ ചെയ്യുന്നു മനസ്സ് ശരിയാണോ തെറ്റാണോ ധർമ്മമാണോ അധർമ്മമാണോ ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല അപ്പോ പശു പക്ഷി ആണുങ്ങളെപ്പോലെ അവയ്ക്ക് ഒരു മനസ്സിന്റെ പോക്കിനെ കുറിച്ചൊന്നും പോലെ ഒരിക്കലും വ്യാകുലപ്പെടുന്നുണ്ട് എങ്ങനെ പോകുന്നു അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ സാധാരണ മനുഷ്യർ അങ്ങനെയാണ് പക്ഷെ അതെല്ലാം ഒരു ഡിസിപ്ലിൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ അത് മനസ്സിൻ്റെ ഡിസിപ്ലിൻ കൊണ്ടേ സാധിക്കും ഡിസിപ്ലിൻ ആണ് ഈ പറയുന്നത് ഒരച്ചടക്കം അപ്പൊ അതിന് ഇതെല്ലാം അനുകൂലമായി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഒരാൾക്ക് പറയാൻ പറ്റുക മനസ്സിന്റെ സ്വാധീനത്തിലാണ് ഇത് ഏത് ഏത് സമയവും കൈകോട്ട് പോകാം കഴിഞ്ഞിട്ട് പോയാൽ മനസ്സ് സ്വാധീനത്തിലാവുക മനസ്സ് സ്വാധീനത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് തന്റെ ആഗ്രഹത്തിനനുസരിച്ചായി ആഗ്രഹം എന്ന് പറഞ്ഞു തന്റെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുന്നതായിരിക്കും വിവേകമെന്ന് പറഞ്ഞാൽ എന്താണ് ശരിയെന്താണ് തെറ്റ് എന്താണ് ന്യായം എന്താണ് ന്യായം എന്താണ് ധർമ്മം എന്താണ് അകർമ്മം എന്നൊക്കെ തിരിച്ചറിയുന്ന വിവേകമാണ് അപ്പോ മനസ്സങ്ങനെ നിയന്ത്രണത്തിൽ നിന്ന് തന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മളറിയത്തില്ല എന്താണോ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല മോഹം മൂഢ യേശു മനസ്സിലായിട്ട് അപ്പോ ഇതിന് വിവേകം കൊണ്ട് കേന്ദ്രിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു വഴി പിന്നെ മറ്റൊരു വഴി ഇപ്പോൾ സാധാരണ പൊതുവെ ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആത്മീയമായി ജീവിക്കുന്നത് എന്താണ് മനസ്സിനെപ്പോഴും എന്തെങ്കിലും പ്രവൃത്തികളിൽ ഇങ്ങനെ നിർത്തുക അവിടെ വിവേകമല്ല പ്രവർത്തിക്കുന്നത് മനസ്സിന് എൻഗേജ്ഡ് ആക്കുക ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നിറത്തിയപ്പോൾ മനസ്സിന് ഓവർലോഡ് കൊടുത്തുകൊണ്ടിരിക്കും അപ്പം മനസ്സിന് വേറെ ചിന്തകളൊന്നും വരത്തില്ല നല്ലതാണെന്ന് തോന്നുന്നു അത് നല്ലതല്ല അതൊരു ഉപായമായിട്ട് അവർ പരീക്ഷിക്കാറുണ്ടെങ്കിലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ആവശ്യത്തെ കൂടുതൽ അങ്ങനെ കർമ്മങ്ങളിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ മനസ്സിന് സ്ട്രെസ് ഉണ്ടാവും നമ്മൾ അറിയത്തക്ക രീതിയിലും ഉണ്ടാവും അറിയാതെ ഉണ്ടാവും മനസ്സിന് റിലാക്സേഷൻ ഇല്ലാതെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും അതുപിന്നെ മനസ്സിന് പലതരത്തിലെ സംഘർഷങ്ങളുണ്ടാകും അതാണ് ഈ പർക്ക് പോഡിക് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് നിരാശരാകുന്നതും വൃദ്ധരാകുന്നതും വളരെ ഉച്ചത്തിൽ വേളങ്ങൾ വയ്ക്കുന്നതും മറ്റുള്ളവർക്ക് നിരന്തര ശല്യം ഉണ്ടാകുന്നു അവർക്ക് അടങ്ങിയിരിക്കാനും കഴിയത്തില്ല അവരും സ്വയം അങ്ങനെ പ്രവൃത്തിയിൽ തള്ളിവിടുകയാണ് അങ്ങനെ വരുമ്പം ഇവർക്ക് ഇവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിപ്പിക്കാനും ആൾക്കാരുണ്ട് എല്ലാവരും മനസ്സാണ് പറ്റുകയായിരിക്കുകയില്ല ഇങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും പറ്റത്തില്ല ഇവര് സ്വയം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തിയുടെ മണ്ഡലം തെരഞ്ഞെടുപ്പ് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടെങ്കിൽ അപ്പൊ മറ്റുള്ളവർക്ക് അത് മഹാശല്യമായിരിക്കും അത് അങ്ങനെയൊക്കെ അതിനകത്ത് മന അവിടെ വിവേകത്തിന്റെ ആവശ്യമൊന്നുമില്ല മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും എന്നുള്ളതാണ് അതൊരു ഏറ്റവും പ്രാഥമികമായ ഒരേർപ്പാടാണെന്ന് വേണമെങ്കിൽ കണക്കാം പക്ഷെ അവർക്ക് പ്രശ്നമുണ്ട് അവരുടെ മാനസികാരോഗ്യത്തെ ശാരീരികാരോഗ്യത്തെ എല്ലാം ഈ ഓവർലോഡ് തകരാറുള്ള ശരീരത്തിൻ്റെ ആരും മാനേജ് ചെയ്യാം പക്ഷെ മനസ്സിന്റെ അത് ഉണ്ടാവും പലതരത്തിൽ അവരുടെ ടെമ്പർ തന്നെ ലൂസാകും വർക്കിന്റെ മനസ്സ് മുഴുവൻ ശരിയാണ് പക്ഷേ ജീവിതത്തിൽ സന്തോഷം നഷ്ടം ശാന്തി നഷ്ടം അങ്ങനെയൊരു എന്താണ് നമുക്ക് മനസ്സിലാകാനേ പറ്റും ഭ്രാന്ത് പിടിച്ച് പണിയെടുക്കുന്നതിൻ്റെ അർത്ഥമില്ല അങ്ങനെ ചെയ്യാതിരിക്കാൻ നിവർത്തിയ രീതിയിൽ വേറെ വഴിയൊന്നുമില്ല പക്ഷേ റിലാക്സായി പണിയെടുക്കുക എന്നുള്ളതാണ് റിലാക്സായി പണിയെടുക്കും അതോടൊപ്പം ഈ പറയുന്ന രീതിയിൽ മനസ്സിന് ശരിയായ വിവരം നിലനിർത്തുക ആഗ്രഹം ഉള്ളടത്ത് മനസ്സിന് പ്രവർത്തിട്ടില്ല എന്ന് വെച്ചാൽ താൻ എന്തേ ആഗ്രഹിക്കാവും എന്നൂടെ നേരത്തെ തീരുമാനിക്കും ഇന്നതെനിക്ക് ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നോട് തീരുമാനിക്കും എല്ലാം ആഗ്രഹിച്ചുകൂടെ ഇനി എന്തെങ്കിലും ആഗ്രഹിച്ചു പോയാൽ ആവശ്യമില്ലെന്നുണ്ടോ വീട്ടുകളേ രണ്ടു കാര്യങ്ങളും അറിയുമെന്ന് ഗ്രാഹ്യം മറ്റൊന്ന് ത്യാജ്യം എന്താണോ സ്വീകരിക്കേണ്ടത് അതൊരു ഭാഗം എന്താണോ ഉപേക്ഷിക്കേണ്ടത് മറ്റൊരു സദാസമയം രണ്ടു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും എന്താണോ സ്വീകരിക്കേണ്ടത് അതിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കും എന്താണോ ഉപേക്ഷിക്കേണ്ടത് അതിനെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കും ഇവിടെ അവസാനത്തിൽ എന്താണ് വ്യവഹാരപര ആണെങ്കിൽ എന്നുവെച്ചാൽ പ്രവൃത്തികളിൽ മൊഴിയിരിക്കുന്നവനാണെങ്കിലും ശാന്തമായിരിക്കും എന്നാണ് ഇപ്പൊ പ്രവൃത്തിയെ തടസ്സമായിട്ടിവിടെ പറയുന്നില്ല അനുയോജിച്ച് പ്രവൃത്തിയിലിരുന്നാൽ ശാന്തി വരും വിവേകശൂന്യമായ പ്രവൃത്തിയാണെങ്കിൽ ശാന്തി വേണം അതൊരു തിരിച്ചറിവ് വേണം ആഗ്രഹിക്കുന്നിടത്ത് മനസ്സ് നിർത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്താഗ്രഹിക്കേണ്ടതെന്ന് അവനറിയും അവിടെയാണ് വിവേ നമ്മുടെ മനസ്സിൽ അല്ല നമ്മളെ ഗുരാഹ്യം ഗ്രഹിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു ശരിയായ കാര്യമല്ലെങ്കിൽ പിന്നെ മനസ്സിങ്ങനെ എന്ന് പറയുക ഓടിക്കൊണ്ടേ നമുക്കതുകൊണ്ട് ദോഷങ്ങൾ ഒരു ഗുണം വരത്തില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണോ ഒരു ബാലൻസ്ഡ് സമത്വം എന്നൊക്കെ പറയുക അത് അങ്ങനെ മനസ്സിന് നിർത്തി പോകാൻ പറ്റും അതാണെന്നുണ്ട് അല്ലാതെ മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു കുറേ സമയം നമ്മൾ കണ്ടച്ച് അരമണിക്കൂർ ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സിന് നിയന്ത്രണം വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ധ്യാനിച്ചെന്ന് വിചാരിച്ചും മനസ്സിന് ഒരു നിയന്ത്രണം ഉണ്ട് അത് ധ്യാനിക്കാനുള്ള ഒരു അഭ്യാസം ഒരു പരിചയം ഉണ്ടാവും അത്രയുള്ള ദിവസവും ചെയ്ത് മനോനിയന്ത്രണം ഇതിനെയൊന്നും ആശ്രയിച്ചല്ലി മനോനിയന്ത്രണം തൊണ്ണൂറ് ശതമാനം ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ വിവേകത്തെ നമ്മുടെ തിരിച്ചറിൽ ആ തിരിച്ചറിൽ നിന്നുള്ള ഉറപ്പുള്ള തിരിച്ചറി അതിനനുസരിച്ച് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള ദീർഘമായ ബോധങ്ങൾ ഉറപ്പം വേണം അതിനനുസരിച്ച് ബാക്കി ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കും നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ സാഹചര്യം ക്രമീകരിക്കാൻ ഒരാൾ അങ്ങനെ ജീവിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച രീതിയൊന്നും എങ്ങനെയാണോ മനസ്സ് പോകുന്ന പോയിക്കിരിക്കും അപ്പോ ഇവിടെ പറയുന്ന ശാന്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസിപ്ലിൻ അതിനൊരു വലിയൊരു പങ്കുണ്ട് എനിക്ക് അശാന്തി കിട്ടത്തില്ല എപ്പോഴാണോ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നോ മനസ്സ് അശാന്തമാണ് വീണ്ടും തിരിച്ച് ഈ പറയുന്ന ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്ന മനസ് ശാന്തമായിരിക്കും തെറ്റിപ്പോയാൽ വീണ്ടും പഴയ സ്ഥിതിയെ പുനഃസ്ഥാപിക്കാതെ ഉള്ള വഴി അത്രയൊരു അഭ്യാസത്തിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിന് ശാന്തിയാണ് വേണ്ടത് അല്ല പലർക്കും ശാന്തി എന്ന് പറയുന്നൊന്നും ആവശ്യമുണ്ട് അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യം ഗീതയുടെ പറയും എന്താണ് പ്രഹൃഷ്യ പ്രിയം പ്രാപ്തി ബാക്കി എന്താണ് ഗീതയുടെ ഏറ്റവും മനോഹരമായ പദ്യങ്ങൾ തന്നെ വിജയ പ്രാപ്തി ബാക്കി ഞാൻ കാണാതെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതല്ല പറയാം അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു പരീക്ഷിക്കാൻ വേണ്ടിയല്ല സ്ഥിരബുദ്ധി രസം ബ്രഹ്മവിത് ബ്രഹ്മനിസ്ഥിത സ്ഥിരബുദ്ധിയായിരിക്കണം മോഹമില്ലാത്തതെങ്കിലും എന്നാണ് പറഞ്ഞത് ആ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മവിത് ബ്രഹ്മനിസ്ഥിത അതുകൂടാ ഒരു വലിയ കാര്യമൊന്നുമില്ല അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് തുടക്കം ഇങ്ങനെ പറഞ്ഞത് നപ്രവിഷയറിയുക അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് മനസ്സ് അതിരി കടക്കരുത് അതിലാണ്ടുപോകരുത് മുഴുകിപ്പോകരുത് മതിമറന്നാഗ്രഹിക്കുക പലരും പറയുന്ന ഇതാണ് എന്താണോ ജീവിതം അങ്ങോട്ട് എൻജോയ് ചെയ്യുക ആഹ്ലാദിക്കുക ദോഷമൊന്നുമില്ല ജീവിതത്തിൽ ആഹ്ലാദിക്കുന്നത് തെറ്റെന്നാർക്കും പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന ആശയം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു മനുഷ്യനും ഈ ലോകത്ത് ഒരുവായും ഇന്നൊരു മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല എപ്പോഴും നമ്മൾ മനസ്സിലാഹ്ലാദത്തെ നിലനിർത്താൻ അവിടെയാണ് തരാത് ഏതൊരു നിമിഷവും അത് കൈവിട്ട് അത് കൈവിട്ടു പോകുന്ന സമയത്ത് നേരെ വിപരീതമായി തകർന്നു ശ്രമത്തിൽ വന്നാലും ആൾക്കാർ നിങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നു പൊതുവെ അവരോട് ഒന്നെല്ലാം നോക്കും എല്ലാ ഡോറുകളിലും നോക്കും ഏത് ഡോറുകളിലെ താക്കോലാണ് നമുക്ക് പറ്റിയൊരു കീട്ടുമ്പോ വലുതായിട്ടങ്ങ് സന്തോഷം ഏത് സമയമാണോ ഈ കൈ കയ്യിൽ നിന്ന് പോ കീ കയ്യിൽ നിന്ന് പോകുന്നു എന്നറിയത്തില്ല അപ്പൊ എന്തേലും ഡിപ്രസ്ഡാണ് മുറികൾ ആ അടുത്തും കൂടില്ല സംസാരിക്കില്ല തപസ് ധ്യാനം പ്രാർത്ഥന ഒരു ബഹളമായിരിക്കും ഏതുവരെ അടുത്തൊരുക്കിൽ കൈ കിട്ടുന്നു പ്രാർത്ഥിക്കുന്ന അമ്പത് ശതമാനം അങ്ങനെയാണെന്നാണ് എന്റെ ഒരു കാരണം നിനക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും എനിക്കൊരു അപ്രായ വ്യത്യാസം എനിക്ക് മനുഷ്യർ ഒരുപാട് പരിചയമുണ്ട് പ്രത്യേകിച്ചും ആത്മീയ ജന്തുക്കളെ ഒരുപാട് പരിചയമുണ്ട് അതുകൊണ്ട് ജന്തുച്ചാൽ ജീവികളൊക്കെ കേട്ടോ മോശമായ ജന്തു വിനാൽ നര തന്ന കണ്ടപ്പം ജന്തു എന്ന് വെച്ചാൽ മൃഗവും നല്ല ജീവികളെന്നാണ് തെറ്റിദ്ധരിക്കും സംസ്കൃതം അറിയാത്ത ഞാൻ ശുദ്ധ സംസ്കൃതം ഉണ്ട് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ എപ്പോഴാണോ നഷ്ടപ്പെടുന്ന അപ്പോ വലിയ പ്രശ്നമുണ്ട് അതാണ് അതിൻ്റെ കുഴപ്പം എന്താ എൻജോയ് ചെയ്യുന്നതിന് തെറ്റെന്ന് അതാണ് ഭഗവാൻ പറഞ്ഞതെന്നാണ് പ്രഹർഷ്യെ പ്രിയം പ്രാപ്ത തൊട്ടടുത്ത സമയം വരുന്നതാണെന്ത് ുദ്ധിജയം പ്രാപിച്ച അത്രയും അത്രയും ഏത് സമയം സംഭവിക്കാം എൻജോയ്മെന്റ് വാദികൾക്ക് അത്രയും വരാം വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഈ ധ്യാനം ദിവസ ജപം എല്ലാം ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്രിയങ്ങൾ വരുമ്പോ എന്തെങ്കിലും ജീവിതത്തിൽ അപ്രിയം വരുമ്പോൾ നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞു എന്ത് എന്താണ് ഡിപ്രഷൻ അതിനാണ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത് ഞാൻ പറയുന്നൊരു ഇതാണ് പച്ചയായ മനുഷ്യാശ്രമം ഡിപ്രഷനി ഭഗവാൻ പറയുന്ന നിങ്ങൾ അതിലേക്ക് പോകരുതെന്നാണ് അങ്ങനെ വീണ്ടും പോകരുത് അപ്പൊ ചോദിക്കും പിന്നെ ജപിക്കാതെ രക്ഷപ്പെടും അങ്ങനെ പലരും ചോദിക്കും നിങ്ങൾക്ക് ജപിക്കാതെ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ജപിച്ചോളൂ പക്ഷെ ആ ഡിപ്രഷനെ അംഗീകരിക്കണം അതിന് ഇത് കൂടാതെയുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം ഈ കാര്യത്തിൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എന്താണോ അതിനോടൊരു സി ബി ടി കൂടെ വേണം സി ബി ടി ബിഹേവിയർ തെറാപ്പി ബിഹേവിയർ തെറാപ്പി അതുകൂടെ ഇതിനോടൊപ്പം നേടണം അത് വരാത്താണ് ഈ പ്രശ്നം നമ്മളൊരു നല്ല സൈക്കോതെറാപ്പിസ്റ്റിന്റെ സഹായങ്ങളും പല ദോഷവും അടിസ്ഥാനപരമായി സംഗതിയിരിക്കുകയാണ് അപ്പോ ഭഗവാൻ ഈ ഉപദേശിക്കുന്നത് ഇതാണ് ടോക്ക് തെറാപ്പിയാണ് സൈക്കോതെറാപ്പിയാണ് അത് അങ്ങനെ പറയുമ്പോൾ എന്താ നമുക്ക് മോശം കാര്യമാണ് തോന്നിരിക്കുന്നുണ്ട് ഗീതയുടെ ഇടയ്ക്കിടയിൽ കേൾക്കുന്ന മുഴുവൻ അതാണ് അതാണ് അടുത്തു പറയുന്നത് അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം സ്ഥിര ബുദ്ധി വേണം പ്രിയം പ്രാപിക്കുമ്പോഴും ആ പ്രിയത്തെ നേരിടേണ്ടി വരുമ്പോഴും സ്ഥിരബുദ്ധിയായിരിക്കണം വളരെ സ്പഷ്ടമല്ല സ്ഥിര ബുദ്ധിയാണ് നേടേണ്ടത് അപ്പൊ സ്ഥിരബുദ്ധി വരുന്നിടത്ത് എന്തില്ല ഡിപ്രഷനുണ്ട് ഇത്രയുള്ളൂ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം എല്ലാം കൂടി ചേർത്ത് അല്ലാതെ അത് മനസ്സ് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് പോകുന്നത് അതുകൊണ്ട് ഓടി നടന്ന് കർമ്മങ്ങളിൽ മുഴുകാന്ന് പറഞ്ഞാണ് ശരിയോ അതുകൊണ്ട് സ്ഥിരബുദ്ധി ഉണ്ടാകത്തില്ല മനസ്സവിടെയൊക്കെ വ്യാപരിക്കും ശരിയാണ് പക്ഷേ കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അവിടെ നിന്ന് തട്ടും തലോടലിംഗും ഉണ്ടാവും അല്ലേ നമ്മളെ പ്രവൃത്തികളെയൊക്കെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക അതാണ് ഞാൻ തലോടെ പറയുന്നത് സന്തോഷം ഒരാ ആരെങ്കിലും അത് മോശമാണെന്ന് പറഞ്ഞാൽ പോയി ഡിപ്രഷനിലേക്ക് അവിടെ സ്ഥിരബുദ്ധി വേണം സ്ഥിരമായ ബുദ്ധി ബോധം കാഴ്ചപ്പാട് അങ്ങനെ അമിതമായി ആഹ്ലാദിക്കരുത് ഡിപ്രഷനിലേക്ക് പോകരുത് അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള മോഹം ബോധശൂന്ധരിയും പാടില്ല അസമ്മൂഢനുമായിരിക്കും ഇത്രയും വന്നു കഴിഞ്ഞാൽ അവന് പറയുന്ന പേരാണ് ബ്രഹ്മവിക്ക് അവന് ബ്രഹ്മം വേണമെന്നൊന്നുമില്ല മനസ്സിലായ നമ്മളൊക്കെ മതി നമ്മളെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി മതി വ്യക്തികൾ മതി ആ വ്യക്തികളിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് വ്യക്തി എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ മനസ്സും ശരീരവും അതിന്റെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അത് സംഭവിക്കുന്നത് ഗീതയുടെ സന്ദർഭം എന്ന പദ്യം എല്ലാം മനസ്സിൽ കിടന്നുകൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഈ വാസിഷ്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഗീതവുമായി ബന്ധപ്പെടുത്തുന്നത് ഗീത നല്ലോണം മനസ്സിലാക്കി വരാലാണ് ഈ വാസിഷ്ഠി വാക്കുകളിൽ പോലും സാമ്യമുണ്ട് ആശയങ്ങളിലാണെങ്കിൽ ഒരുപാട് സാമ്യമുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയത് വിജയ വിജിതേന്ദ്രിയന്മാർ ഇന്ദ്രിയങ്ങളെയൊക്കെ അവരങ്ങനെ ആഗ്രഹിക്കുന്ന വഴിയിൽ കൊണ്ടുപോകുന്നതിന് മനസ്സ് പ്രധാനമാണല്ലോ അതിനവരെ ആശ്രയിക്കുന്നത് സൗന്ദര്യത്തെയാണല്ലോ സൗന്ദര്യം എന്ന് ശമമാകുന്ന സൗന്ദര്യം ക്ഷമമാകുന്ന സൗന്ദര്യം കൊണ്ട് എന്താണോ വിജയ എഞ്ചിനീയന്മാരായിരിക്കുന്ന കുലീന ശ്രേഷ്ഠന്മാരായവർ അതിന്റെ സംസ്കൃതമേഖ എഴിയാണ് ഇതൊന്നും പിടികിട്ടീറ്റേ ഇല്ല എന്താണോ പറയുന്നത് പലയിടത്തും അങ്ങനെ അതിന്റെ ആശയത്തിലേക്ക് കടങ്ങിയൊന്നും മനസ്സിലാക്കാത്ത വെറും വെർബൽ മീനിങ് കൊണ്ട് തന്നെ ആശയം പിടികിട്ടില്ല സന്ദർഭം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടുത്തെ സൗന്ദര്യം അത് അവനവന്റെ സൗന്ദര്യം തന്നെയാണ് അത് മുഖശോഭയ മറിച്ച് മനസ്സിന്റെ ശോഭയ ആ മനസ്സിന്റെ ശോഭയെന്ന് പറയുന്നത് അത് ശാന്തിയാണ് ആ ശാന്തി മനസ്സിൽ ശാന്തമായിരിക്കുന്ന മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കി വെച്ചിരിക്കുന്നവനെയാണ് ഇവിടെ ഇന്ദ്രിയേന്ദ്രിയെന്ന് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് ശാന്തി എന്ന് പറയുമ്പോൾ തന്നെ വളരെ വളരെ ആഴമുള്ള തർക്കം എന്താ നമ്മള് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനല്ല മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മള് മനസ്സിനോട് മൽപിടുത്തം നടത്തുക യുദ്ധം നടത്തുക ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അരമണിക്ക് ഒരു പങ്കെടുക്കുന്നു ധ്യാനിച്ചിട്ട് മനസ്സൊക്കെ സ്വാധീനമായി വിചാരിക്കുന്നത് അത് പരാജയപ്പെട്ടു പോകുന്നു എന്തുകൊണ്ടാണ് കാരണം അവിടെ നമ്മുടെ ഉള്ളിൽ വിവേകം ഉണ്ടാകുന്നുള്ള ഒരു വഴിയില്ല കണ്ണടച്ച വിവേകം വരത്തില്ല കണ്ണടച്ചിരുന്നെന്ന് പറഞ്ഞ മനുഷ്യന് വിവേകുണ്ടാവും സ്ഥിരബുദ്ധിയുണ്ടാകത്തില്ല വിവേകം ഉണ്ടായപ്പോലെ അത് സ്ഥിരവുമാണ് നമ്മൾ എന്താണ് പഠിക്കുന്നു വായിക്കുന്നു ചിന്തിക്കുന്നു സത്സംഗങ്ങൾ ഏകുന്നു ഒക്കെ നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാകുന്നു പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണ് അങ്ങനെയുള്ള അറിവ് തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമാകുന്നു അതാണ് ഭഗവാൻ പറഞ്ഞത് എന്താണ് സ്ഥിര ബുദ്ധി ബുദ്ധി സ്ഥിരവുമാണ് ഇത്രയൊക്കെ ശരിയാവുക ഇനി സ്ഥിര അതിനെന്താ വഴി നിർബന്ധിക്കു വഴി വേണ്ട എന്താ അഭ്യാസ വൈരാഗ്യങ്ങൾ നിരന്തരമായ അതിന്റെ അഭ്യാസം അതുകൊണ്ടേ പറ്റും നിരന്തരമായ പരിശീലനം ഏത് വിഷയത്തിലായാലും നമ്മളൊരു എക്സ്പെർട്ട് ആകാന്ന് പറയുന്നത് നിരന്തരം പരിശീലനം മനസ്സിൽ ഈ പറയുന്ന തരത്തിലൊരു മനസ്സിനെ ഒരു സ്വാധീനത്തിൽ കൊണ്ടു കടക്കുക എന്ന് പറയുന്നത് അത് നിരന്തരമായ പരിശീലനം കൊണ്ടേ സാധിക്കും ഇതിന്റെയൊക്കെ ആകത്തുക ലാഭം മിച്ചം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സാധിക്കും അതാവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാം ജീവിക്കാം അത് ആവശ്യമല്ല നമുക്ക് എന്താണ് ഇതൊക്കെ താൽക്കാലികമായി ഒന്ന് എൻജോയ് ചെയ്താൽ മതി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന്റെ കഷ്ടനഷ്ടങ്ങളും നമ്മൾ സഹിക്കാൻ തയ്യാറായി ആത്മീയത എന്ന് പറയുന്നതിന് അതിൻ്റെതായൊരു മൂല്യമുണ്ട് അതിൻ്റേതായൊരർത്ഥമുണ്ട് അപ്പോൾ അതിന്റെ സാർത്ഥകത എന്ന് പറയുന്ന എന്താണ് അതൊരു വ്യക്തിയിൽ അത് ഫലവത്താകുമ്പോഴാണ് അത് ഫലവത്താവുമ്പോഴാണ് അതിൻ്റെ നമുക്ക് ഒരു ആത്മീയ മൂല്യം എന്ന് പറയും എപ്പോഴും ഫലവത്താവണമെന്നൊന്നും അപ്പൊ ആത്മീയ ജീവികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആത്മീയമായും വിളിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഉള്ളിൽ എന്ത് വേണം ആത്മീയത വേണം അതിന് ഒരു വലിയ വ്യത്യാസം ഉണ്ടല്ലോ ഏതുപോലെ സന്യാസവും സന്യാസിയും പോലെയുള്ള വ്യത്യാസം രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാം സന്യാസിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം അതും ഒരു വ്യത്യാസമാണ് അതായത് സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് സന്യാസം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നുകഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സന്യാസിയാണ് നിങ്ങളത് ഉപേക്ഷിച്ചില്ല കാവ്യക്കു കൊടുത്ത് തലയൊക്കെ മുട്ടയഴിച്ച് അല്ലെങ്കിൽ ഏറ്റു പുലർത്തി അങ്ങനെ ഒരു അതൊരു ഐഡന്റിറ്റിയാണ് സന്യാസി എന്ന് പറയുന്നത് ഒരാള് ഇയാൾ സന്യാസിയാണെന്ന് നിങ്ങൾ പറയും ബ്രഹ്മചാരി സന്യാസിന്നൊക്കെ പറയുന്ന ഒരു ഐഡന്റിറ്റിയാണ് മനുഷ്യന്റെ അപ്പോ അത് എപ്പോഴും കാണും അയാളെപ്പോഴും എപ്പോഴും സന്യാസിയാണ് ഒരിക്കൽ സന്യാസി ആയില്ലെങ്കിലും ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ അയാളുടെ ബോധപൂർവം എന്താണത് ഉപേക്ഷിക്കണം പക്ഷെ സന്യാസം വല്ലപ്പോഴേ കാണും സന്യാസം എന്ന് പറയുന്നത് എപ്പോഴും കാണുമോ സന്യാസി ഇല്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കടന്നു വരുന്നൊരു കാര്യമാണ് നമ്മളിങ്ങനെ ഒരു പ്രത്യേക ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സന്യാസിന്ന് പറയുന്നത് സന്യാസ ആശ്രമത്തിൽ പ്രവേശിക്കുന്ന സന്യാസി പക്ഷെ അവൾ അവരിലെന്താണ് സന്യാസം എന്ന് പറയുന്നത് എന്തപ്പോഴും ഒക്കെ വരും കാണത്തില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തന്നെയാ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണെന്ന് പറഞ്ഞു സന്യാസി ഞാൻ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചത് പക്ഷെ സന്യാസിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് ക്ഷമിക്കുക നിങ്ങൾ ആരെങ്കിലും എന്നോട് വലിയ ഒരു അപകാരം ചെയ്യുക ദ്രോഹം ചെയ്തു വലിയ കടുത്ത ഇത എന്നാതെ ശ്രമിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന് വെച്ചോളൂ സങ്കല്പമാണ് എല്ലാതെ ക്ഷമിച്ചു ആൾക്കാർ എന്തൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ബോധമില്ലാത്ത ആൾക്കാരെ അതൊക്കെ ഞാൻ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് അങ്ങനെ എടുക്കാവും അപ്പൊ എത്ര വലിയ ഒരു അപകാരത്തിന് ശ്രമിച്ചാലും ശരി നമ്മളോട് അപകാരം ചെയ്ത വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ എന്റെ സന്യാസിയുണ്ട് അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ് സന്യാസിയുണ്ട് ക്ഷമ സന്യാസിനെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് സന്യാസി ക്ഷമിക്കുന്നവനായിരിക്കും ഇനി നിങ്ങളെനിക്ക് വല്യ ഉപദ്രവം ചെയ്തു എന്ന് വെച്ചോ ഉപദ്രവം ചെയ്തിട്ട് അവസാനം മനസ്സിൽ പശ്ചാത്തലവും ഞാൻ ചെയ്തത് തെറ്റായി പശ്ചാത്തലം മനസ്സിൽ എൻ്റെ അടുത്തൊന്നു പറയും ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം എന്റെ മനസ്സിലെന്താണ് സാരമില്ല എന്ന് സ്നേഹത്തോടുകൂടി പറയാനായി കഴിഞ്ഞാൽ അപ്പോൾ എന്നിൽ സന്യാസം അല്ലെങ്കിൽ ഞാൻ സന്യാസിയും മനസ്സിലായിരുന്നു എന്റെ വ്യത്യാസം ഇതാണ് സന്യാസി സന്യാസവും പക്ഷെ അങ്ങനെ വേണമെന്നില്ല എന്റെ മോഡി ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമ ചോദ്യം ഞാൻ വിചാരിക്കും ഇതാണൊരു കിട്ടിയ അവസരം പിന്നെ രണ്ട് കൊടുക്കറിയുമെന്ന് എന്തൊക്കെയോ അത് സന്യാസമുണ്ട പക്ഷെ അപ്പോഴും ഞാൻ സന്യാസിയാണ് ഞാൻ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോ നമുക്ക് എപ്പോഴും സന്യാസിയായിരിക്കാൻ പറ്റും പക്ഷെ സന്യാസം എപ്പോഴും കൊണ്ടുനടക്കാം അത് ചിലപ്പോൾ നമ്മളിൽ ചിലപ്പോ ഇരിക്കും എത്രമാത്രം അതിരിക്കുന്നു അത്രമാത്രം നല്ലത് സന്യാസം എന്ന് പറയുന്ന നമ്മളൊരു പ്രത്യേക ഒരു ധർമ്മത്തെ സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഒരു ലേബല് വരും സന്യാസി അറിയുകയാണ് പക്ഷേ സന്യാസം ഇരിക്കണമെന്നില്ല ഇരിക്കാൻ ഇരിക്കാതിരിക്കാം ഇതുപോലെയുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് നേരത്തെ പറഞ്ഞത് ആ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് നേരത്തെ എന്താ പറഞ്ഞത് പോയിമ്മ എന്താണ് പറഞ്ഞു സ്ഥിര ബുദ്ധിയെ കുറിച്ച് പറഞ്ഞപ്പോഴാ പറഞ്ഞത് ഇപ്പോ മൊബൈൽ കണക്ഷൻ പോലെയാ ഇടക്കിടക്ക് കണക്ഷൻ വരും ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ പോവും അങ്ങനെ ഒരാളാണ് ശാന്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ ഉണ്ട് എന്ന് വിചാരിച്ച് അയാളെപ്പോഴും ശാന്തനായിരിക്കണമെന്നില്ല ശാന്തൻ ശാന്തി ഇരിക്കുമ്പോൾ മാത്രമേ അയാൾ നമുക്ക് ശാന്തനെന്ന് പറയാൻ വിവേകം എന്ന് പറയുന്നത് ഒരാൾ ഉണ്ട് എന്ന് വിചാരിച്ചാലിപ്പോഴും വിവേകിയായിരിക്കുന്നു എന്നുള്ളത് കാരണം വിവേകം ചിലപ്പോൾ ഇവിടെ പറയുന്നത് വിജയേന്ദ്രിയനായിരിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ് അയാളുടെ ശാന്തി ശമം മം എന്ന് പറയുന്ന അയാളുടെ സൗന്ദര്യമാണ് ആന്തരികമായ മനസ്സിൻ്റെ സൗന്ദര്യവുമാണ് അതുകൊണ്ട് അയാൾ വെജിറ്റേറിയനായി ശ്രമത്തെ ശീലിച്ചുകൊണ്ട് ശാന്തിയെ ശീലിച്ചുകൊണ്ട് അതിന് ഇതെല്ലാം വേണം അത് തുടക്കം പോലെ ഞാൻ വിവരമാണ് നമ്മൾ സന്യാസം പോലെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുവെച്ചാൽ നമ്മൾ സന്യാസിയാണ് പക്ഷെ നമുക്ക് സന്യാസം കൈമോശിക്കുന്നു കിടയ്ക്ക് വരുന്നു കിടക്കുന്ന നഷ്ടപ്പെട്ടു അങ്ങനെ വരാൻ പാടില്ല ഇവിടെ പറയുന്ന വിജിതേന്ദ്രീയൻ എന്ന് പറയുന്നത് എന്താണ് ശ്രമം സ്ഥായിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണമെന്ന ആദർശമായിട്ട് ഉപയോഗിക്കുകയാണ് മനുഷ്യന്റെ മനസ്സ് പലതാണ് മനുഷ്യന്റെ വ്യക്തിത്വം പലതാണ് ഓരോരുത്തരും ആർജിക്കുന്നത് വ്യത്യസ്തമായിട്ടല്ല ഒരാൾക്ക് എത്രമാത്രം ഇതൊക്കെ നേടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ അവിടെ കൃത്യമായി ഞാൻ പറഞ്ഞ ഇതാണ് ആത്മീയ ജീവി എന്ന് പറയുമ്പോ അവിടെ ആ വ്യക്തിയിൽ ആത്മീയത ഉണ്ടായിരുന്നു എന്നത് അതിനാണ് ഞാൻ സന്യാസിയിലേക്ക് സന്യാസത്തിലേക്കും പോയത് ആത്മീയ ജീവിതമാണ് ആത്മീയമായി ജീവിക്കുന്നത് പക്ഷെ അവിടെ ആത്മീയത എപ്പോഴും വേണോന്നൊന്ന് ചിലപ്പോണ്ടാവും ചിലപ്പോ ഇല്ലാതെയും എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു ഇവിടെ പറഞ്ഞ ഈ സ്ഥിര ബുദ്ധി അതില്ലാത്ത ബുദ്ധിയുണ്ട് പക്ഷേ സ്ഥിരമാണ് അത് സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സ്ഥിര ബുദ്ധി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നല്ല ബുദ്ധി കാണും നമ്മൾ മന്ദബുദ്ധികളൊന്നും മൂഢന്മാരെന്നോ അല്ല പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ആത്മീയമായി ജീവിക്കുന്നതിന്റെ ജീവിതത്തിന്റെ ഭാഗമായി നേരിട്ട ആത്മീയത ഒരു ആ ഒരു ഭാഗത്ത് ആത്മീയത കൈമു വന്നു പോകുന്നതല്ല ആത്മീയ ജീവിക്കുക അപ്പൊ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ അസ്ഥിര ബുദ്ധിയെ കാണിക്കാൻ വേണ്ടി എന്നാണ് അവിടെ പിന്നെ കുല്ലാം പറഞ്ഞ കാര്യങ്ങൾ അവിടെ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ആ ആത്മശാന്തി കൊണ്ട് അതുകൊണ്ടാണ് യോഗത്തിനൊക്കെ തുടക്കം തുടങ്ങും തന്നെ എന്താ പറയുക ശ്രമം അതൊക്കെ തുടങ്ങുന്നത് അതവിടെ ഒരു നിയന്ത്രണമായിട്ടാണ് പറയുന്നതെങ്കിൽ ശരിക്കും ശാന്തിയാണ് ശരിക്കും അവർ ശാന്തിതാണ് ഇന്നത്തെ കാര്യമാണ് ഉടനെയും പറയുന്നത് അത് വന്ധ്യന്മാരാണ് വിജയേന്ദ്രിയന്മാരാണ് എന്നിവിടെ ഞാൻ ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഇതൊക്കെ എല്ലാ മനുഷ്യരും സംഭവിക്കുന്നതും എല്ലാവർക്കും കൈമോശം വരുന്നതുമായ കാര്യമാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഒരു കൂട്ടരുടെ എല്ലാം വന്യന്മാരും വന്ദിക്കപ്പെടേണ്ടവരും വേറെ കൂട്ടുകളെ എന്താണ് വന്ദിക്കുന്നു എന്ന ഡ്യൂട്ടിയുള്ളവരും അങ്ങനെയൊന്നും മനസ്സിലാക്കില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ഉദാഹരണം തന്നെ ഒരാൾ സന്യാസിയായിരിക്കും അയാളിൽ സന്യാസം കാണത്തില്ല പലപ്പോഴും പക്ഷെ ഒരാൾ സന്യാസിയല്ല സാധാരണ മനുഷ്യൻ അല്ലെ സാധാരണ മനുഷ്യനും അയാൾ സന്യാസി ആയിട്ടില്ല ആണോന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട് അയാൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് അതിനെ കുറിച്ച് ബോധവും കാണും പക്ഷെ അയാൾ സന്യാസം കാണാൻ പറ്റും ഈ ലോകത്തെ ജീവിക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യൻ ഈ പറയുന്നത് നമ്മളീ പറയുന്നതിന്റെ ജലോസിനും അഭ്യാസവും ഭക്തിയും യോഗവും ജ്ഞാനവും ഒന്നുമില്ലാത്ത ഒരുപാട് പേര് ഞാൻ സന്യാസിയുണ്ട് ശരിയായ സന്യാസം മറ്റേ അവരത് സന്യാസി അപ്പോ എന്താണ് വന്ധ്യനും വന്ദാരനെന്ന് പറഞ്ഞൊരു ഭേദമില്ല വന്ദാരെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ദിക്കപ്പെടേണ്ടവൻ അങ്ങനെ ഒരു ഭേദമില്ല വന്ദിക്കുന്നവൻ അങ്ങനെയില്ല കാരണം സന്യാസി എങ്ങനെയാണോ സന്യാസം നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ സാധാരണ മനുഷ്യർ സന്യാസിയെ കാണാറുണ്ട് പിന്നെ ആരെയാണെങ്കിലും പ്രത്യേകിച്ച് വന്ദിക്കേണ്ടത് അങ്ങനെ വന്ദിക്കുകയാണെങ്കിൽ എല്ലാവരും പരസ്പരം വന്ദിക്കും എല്ലാവരും എല്ലാവരെയും വന്ദിക്കണം അതാണ് അതിന്റെ ശരിയായ വഴി അത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അവകാശപ്പെട്ടു അതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റും പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ട് എല്ലാവരിലും ആത്മീയതയുണ്ട് ആത്മീയ ജീവി എന്ന് പറഞ്ഞാൽ ആത്മീയത എപ്പോഴും വേണമെന്നില്ലല്ലോ ആത്മീയ ജീവി അല്ലാത്തവരിലും ആത്മീയതയുണ്ട് അവരും ബഹുമാനിക്കപ്പെടേണ്ടവർ ഞങ്ങള് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഞങ്ങളെല്ലാവരും ബഹുമാനിക്കണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു അവകാശം സ്വയമാകണമെന്ന് തിരിച്ചറിയുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പോളിസിയാണ് എന്താണ് എല്ലാവരും എല്ലാവരെയും കുഴപ്പമൊന്നും അപ്പോൾ ഇവിടെ എന്തു പറയുന്നു സൗന്ദര്യത്തിൽ സൗന്ദര്യം കൊണ്ട് ഇന്ദര്ജയം ശ്രദ്ധിച്ചവരായ വല്യാഹ യോഗന്മാർ പുലിന്റെ അഭാ ശ്രേഷ്ഠന്മാര് അവരിൽ എന്താണ് ഈ ശ്രമം അവർക്കൊരലങ്കാരമായി ഐശ്വര്യമായി ശാന്തി ഒരു ഐശ്വര്യമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ നിൽക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ഞാൻ ഈ ദുഃഖാൻ യാ കൃഷ്ണ ത്രൈലോക്യ ഉദരവർത്തിന്യു നാനന്ദായ ത്രൈലോക്തിരവർത്തിന്യോ ശ്രീയന്യ എന്ന് പൂർവത്തിനും പരത്തിൽ വന്നി പ്രധാനമാണോ ശമവിഭൂതേ സമം വിഭൂതിയായിരിക്കുന്നവരാണ് സമവിഭൂതികൾ സമം തന്നെ ഐശ്വര്യമായിരിക്കുന്നവർ ശാന്തി ഐശ്വര്യം ചെറുതൊക്കെ വെക്കാറ് ഈ വീടിന്റെ ഐശ്വര്യം ഇന്നാലും എന്ന് കഴിഞ്ഞിരിക്കാറ് അതുപോലെ എന്റെ ഐശ്വര്യം ശാന്തിയാണ് എന്ന് കരുതുന്നവരാണ് സമവിഭൂതികൾ അവരെങ്ങനെയാണ് സാമ്രാജ്യ സമ്പത്ത് പ്രതിമ പ്രതിമ എന്ന് വെച്ച തുല്യം നമ്മുടെ പ്രതിമയാണ് അതിനേ പ്രതിമയെന്ന് വരാ പറയാൻ കാരണം കൊണ്ടാണ് അത് തുല്യമായിരിക്കുന്ന ഒരാളുടെ പ്രതിമ ഉണ്ടാക്കുന്ന അത് അയാളെപ്പൊടിയിരിക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രതിമ എന്ന് പറയുന്നത് തുല്യമായി ഇപ്പൊ സാമ്രാജ്യ സമ്പത്ത് ഇത് സാമ്രാജ്യത്തിന്റെ സമ്പത്തിന് തുല്യമായിരിക്കുന്ന സമവിഭൂതി സമമാകുന്ന ഐശ്വര്യം സമമാകുന്ന വിഭൂതികൾ ഐശ്വര്യം ഐശ്വര്യമുള്ളവരിലാണ് ഇരിക്കുന്നത് ഐശ്വര്യമുള്ളവരിൽ അങ്ങനെയുള്ള ഐശ്വര്യം യഥാനന്ദ എങ്ങനെയാണോ ആനന്ദത്തിനുപകരിക്കുന്നത് ശാന്തിയാണ് മനുഷ്യന് ആനന്ദത്തെ കൊടുക്കുന്നത് എന്നാണീ പറഞ്ഞത് നമ്മൾ ശാന്തമാണോ നമ്മളിൽ ആനന്ദം അശാന്തമാണോ ഭഗവാൻ പറഞ്ഞ അശാന്തസുഖം അശാന്തിന് അവിടെ അസുഖം അപ്പൊ ശാന്തിയോടത്തെ സുഖമോ ശാന്തി നാചരീണ അധികച്ചതി എന്നുള്ള രീതിയിൽ പറയുന്നത് അതേ അശാന്തി എങ്ങനെയാണോ സാമ്രാജ്യ സമ്പത്തിനു തുല്യമായിരിക്കുന്നു ഈ ശാന്തിയാകുന്ന ഐശ്വര്യം ആനന്ദത്തിനുപകരിക്കുന്നത് കഥ അതുപോലെ ഉപകരിക്കട്ടില്ല എന്ത് ത്രൈലോക്യ ഉദരവർത്തന്യോ ശരിയഹ ആനന്ദമായി പ്രവർത്തിക്കുന്നു ഈ മൂന്ന് ലോകത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നതിന്റെ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനുമുള്ള ശരി ഐശ്വര്യം ശമല്ല മറ്റൈശ്വര്യം മറ്റേശ്വര്യം എന്ന് പറയുമ്പോൾ സമ്പത്ത് അധികാരം യശസ് ഇതുകൊണ്ട് മനുഷ്യന്റെ ഐശ്വര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ യശസ് ഒന്ന് സമ്പത്ത് പിന്നെ അധികാരം പിന്നെ കീർത്തി മൂന്നും ഒരെടുത്ത് വരാൻ പ്രയാസം നമ്മുടെ ട്രംപിനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് സമ്പത്തുണ്ട് ഒരുപാട് സമ്പാദിച്ചു അധികാരമുണ്ട് ആറ്റം പോവും ഐട്രൻ ബോമോ ഒക്കെ കയ്യിലുണ്ട് പൊട്ടിക്കുകയും ചെയ്യാം പക്ഷെ ഒന്നു മാത്രമല്ല എന്താണ് കീർത്തി അത് മാത്രമല്ല ബാക്കിയെല്ലാം മൂന്നും കൂടെ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം മനുഷ്യൻ ഐശ്വര്യമായിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള ഐശ്വര്യം ഈ മൂന്ന് ലോകത്തിലുണ്ട് ഐശ്വര്യം പോലും ന ആനന്ദ ഭവ ഒരു വ്യക്തിക്ക് അത് ആനന്ദത്തിന് ഉപയോഗിക്കത്തില്ല ഒരുവന് ആനന്ദിക്കണമെങ്കിൽ എന്ന് വേണം അവൻ്റെ ഉള്ളിൽ അവന്റേതായ ശാന്തി വരും അതുകൊണ്ടാണ് നമ്മളെന്നും പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി കാര്യങ്ങളൊന്നും നടക്കില്ല തന്നെ ഉള്ളൂ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരാഗ്രഹമാണ് കുറേയൊക്കെ നടക്കും കുറേ നടക്കത്തില്ല ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് ലോകത്തിലും സ്ഥിതിയില്ല എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ ഉദരൊന്നിച്ച ഉള്ളിൽ വർദ്ധിക്കുക എന്ന് വെച്ചാൽ സ്ഥിതി ഈ ലോകത്തിലെല്ലാം ഉള്ള എന്ന് പറയുന്നത് ആർക്കത്തിൽ പഠിക്കുന്നു ഉതിരോന്നിച്ച വയറൊന്നുള്ള അർത്ഥത്തിൽ യാഖായി സഹായി സർവം ശാന്തചേതസ്മോ പക്കേശിവതി ദുഃഖങ്ങളുണ്ടോ യാദൃഷ്ണ എന്തെന്തൊക്കെ ദുരാഗ്രഹങ്ങളുണ്ടോ ഏ ദുരാ എന്തൊക്കെ ആധികളുണ്ടോ അവിടുത്തെ ആധി വ്യാധികളുണ്ട് അപ്പം ആദ്യ കുറിച്ചുണ്ട് വ്യാധിയാണ് മാനസികമായ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇതെല്ലാം തത്സർവം അതിനെല്ലാത്തിനും കൂടി ചേർത്ത് പറഞ്ഞിരിക്കും തത്സർവം പല കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ ചേർന്ന് പറയണമെങ്കിൽ പറയണ്ടെങ്കിൽ താനി സർവാണി എന്നാണ് അങ്ങനെയും പറയാം പക്ഷെ ആ ഭാഷയില് നിയമയുണ്ട് നമുസകം ഏകവച്ച ശേഷ പ്രകടനത്തിൽ വരുന്നൊരു നിയമം പഠിച്ചിട്ടില്ല താല്പര്യമുള്ളൊരു പഠിക്കാശം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ ഇതിൽ എനിക്ക് വരും എല്ലാ ദുഃഖങ്ങളും എടുക്കാൻ വ്യാധി കൊണ്ട് ദുഃഖം ഉണ്ടാവും വ്യാധി എന്ന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അതുകൊണ്ട് അതിനപ്പുറത്തേം എടുത്തു പറയും എന്താണ് എടുത്ത് പറഞ്ഞു അതിന്റെ ദുഃഖം പലതായത് ദുഃഖം എന്ന് പറഞ്ഞാൽ അതിന്റെ പിരിവുകളെല്ലാം നമുക്ക് മനസ്സിലായിരുന്നെങ്കിലോ അതുകൊണ്ട് മനുഷ്യനെന്ന് പറയുമ്പോൾ വെളുത്തവനും കറുത്തവനും പറയും അപ്പൊ എല്ലാവരെയും വേണ്ടി ചിലപ്പോൾ കറുത്തവരും മനുഷ്യരും അല്ല എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ അതെന്റെ വ്യാഖ്യാനാണ് ശരി അതാണ് യാർ ദുഃഖാൻ യാ കൃഷ്ണ ദുസ്സഹായ മനസ്സിന് ശാന്തമായി കഴിഞ്ഞാൽ ഇതെല്ലാം അർപ്പിഷന്ന ശരി സൂര്യനിൽ എങ്ങനെയാണോ എല്ലാം നശിപ്പിക്കുന്നത് അതുപോലെ നശിക്കുന്നത് കുറച്ച് അർത്ഥവാദകരമായി പറയു മനസ്സിന് ശാന്തിണ്ട് നല്ലതാണ് ശാന്തി ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളെ എല്ലാ ആദ്യം വ്യാധി എല്ലാം നശിച്ചു പോകുമെന്ന് പറയുന്ന അർത്ഥമില്ല അങ്ങനെ എടുക്കണ്ട അത് പലപ്പോഴും ഇത് അർത്ഥവാദപരമായി സ്തുതിപരമായി പറയുന്നു നമുക്ക് മനസ്സിൽ ശാന്തി ഉണ്ടെങ്കിൽ അടിസ്ഥാനം വരും ഈ ദുഃഖങ്ങളെയൊക്കെ കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും കുറെയൊക്കെ ഒരു ശേഷം അതുണ്ടാവും അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണത് ദുഃഖങ്ങൾ ദുഃഖങ്ങളെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സഹിക്കാനുള്ള ശേഷം അതുണ്ടാവും മനസ്സിൽ ശാന്തമാണെങ്കിൽ ഒരു പരിധി വരെ എല്ലായ്പ്പോഴും അത് നടക്കണമെന്ന് ചിലപ്പോൾ സഹിക്കാൻ കഴിയാത്ത ദുഃഖവും മനുഷ്യന് വരെ ശാരീരികമായ ദുഃഖങ്ങളും ദുഃഖങ്ങളും വന്നു കഴിഞ്ഞാൽ അതും പിന്നെ വ്യക്തികൾക്കനുസരിച്ചാണ് ദുഃഖങ്ങൾ സഹിക്കാനുള്ള ശേഷി പല മനുഷ്യർക്കും പല രീതിയിലാണ് പൊതുവെ അങ്ങ് പറയാൻ പറ്റില്ല എല്ലാവരും ഒരുപോലെ ദുഃഖങ്ങൾ സഹിക്കും അത് കഴിയത്തില്ല ചിലർക്ക് കൂടുതൽ ശേഷിയുണ്ട് ചിലർക്ക് തീരെ ശേഷി കാണത്തു ഇതിനൊക്കെ ചില ലിമിറ്റുകളുണ്ട് അതിരുകളുണ്ട് പരിധികളുണ്ട് അത്രയും പറ്റും എന്നാണ് പൊതുവെ പറയുമ്പോഴത്തേക്ക് സ്തുതിച്ചു പറയുകയുള്ളത് എങ്ങനെയാണോ ആദ്യത്തെ എന്ന് പറയുമ്പോൾ വിരള് നശിക്കുന്നതുപോലെ ശാന്തി ഉണ്ടെങ്കിൽ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു അത് സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യമില്ല സർവ്വ ദുഃഖങ്ങളും നശിക്കുക പിന്നെ യോഗി പറയുന്ന രീതിയിലാണെങ്കിൽ എന്താണോ സമ്പ്രജ്ഞാത സമാധി പോയിരുന്നത് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ശരീരബോധമില്ലാത്ത മനസ്സിന്റെയും ബോധമില്ലാത്ത അവിടെ ദുഃഖങ്ങൾ നശിക്കുകയല്ല അയാൾക്കും അറിയില്ല കടുത്ത രോഗം വന്ന് വേദന അനുഭവിക്കുന്നവരെ മോർഫനെല്ലാം കൊടുത്തിട്ടിരിക്കുന്നു അങ്ങനെ കിടക്കാം എന്നാലും ക്രോണിക് പെയിൻ ആണെങ്കിൽ അതും ചിലപ്പോൾ ഇരിക്കാതെ അതും വർക്ക് ചെയ്യാറ് അങ്ങനെയൊരു പ്രശ്നം പിന്നെ ഇത് അർത്ഥവാദപരമായി പറഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവും അത്ര അത്രയും മനസ്സിലാക്കുന്ന കാര്യമേ ഉണ്ട് എത്രമാത്രം സാധിക്കുമോ അത്രയും ഓരോരുത്തരുടെ മാനസിക ഘടനയനുസരിച്ച് പറയുന്നത്